ശബിന്ദ്രസുന്ദരം തശ്മാസശന ശമിപതേന്ദ്രോ വിപ്രതിപത്തി പ്രാതഭാതംസ പ്രജൈഫവാചാരത്തിഷിംഗ മനർവചനീയ അജ്ഞാനം അല്ലെങ്കിൽ അനാദിഭാവരൂപത്തിലുള്ള അജ്ഞാനം ഇതൊക്കെയാണ് അദ്വൈതി പറയുന്നത് എന്തായത് ചോദിക്കുന്നത് എന്താണ് പ്രമാണം പറയുന്നു അജ്ഞോഹം എന്നുള്ള അനുഭവമാണ് ജ്ഞോഹമെന്ന് പറഞ്ഞാൽ എന്നിൽ ജ്ഞാനമില്ലെന്നാണ് ജ്ഞാനാഭാവത്തിലാണത് പ്രമാണു അല്ലാതെ അനാദിയാണെന്നോ ഭാവമാണെന്നോ അനുവചനീയമാണെന്നോന്നോ അതിൽ നിന്നറിയാൻ പറ്റുന്നില്ല ശരിയെന്നാൽ അതല്ലേദിഷം എന്നു പറയുന്ന അനുഭവം ഗാഠം മൂഢോഹം ആസം ഈ പറയുന്ന സ്മരണമാണ് പ്രമാണെന്ന് ആര് പറയും ആര് പറയും അദ്വൈതി അദ്വൈതി പറയും സ്മരണമാണ് പ്രമാണം ഭരൂപ്ഞാനത്തിനെന്ന് പറയും പറയുന്നു അതും പറയാൻ പറ്റില്ല എന്തുകൊണ്ട് കാരണം നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് സുഷ്ടികാലത്തിലെ ഈ അനുഭവം ഇതേ ഞാനാഭാവമാകാം ജ്ഞാനാഭാവമാണെങ്കിലും ഇത് സാക്ഷിസിദ്ധമായി നിങ്ങൾ സ്വീകരിക്കുന്നു അജ്ഞാനത്തെ ഇപ്പം സുഹൃത്തിയിലെ സാക്ഷിസിദ്ധമായ അജ്ഞാനം അതിന് എന്റെ സ്മരണമാണെന്ന് പറയാൻ അവിടെയും ജ്ഞാനാഭാവമായിരിക്കും ഞങ്ങളെന്ത് പറയും തർക്കം പറയും ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഉണർന്നിരുന്നിട്ട് സുഷുപ്തിയിലെ ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് എന്താണോ ഇപ്പോ ഉണ്ടാകുന്ന ഈ ഇത് അനുമതി ജ്ഞാനമാണ് അതിപ്പോൾ ഉണ്ടാകുന്ന ഞാൻ സുഷൃത്തിയിലെ ജ്ഞാനാഭാവത്തെ ഇപ്പോൾ അനുമാനത്തോടെ അറിയുന്നു അതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിപ്പോഴുള്ള അനുമതിയാണ് എന്ന് പറയുന്നു അപ്പോ അദ്വൈതി പറയുന്നത് അതാണ് പ്രധാന അർത്ഥാപത്തി തന്നെയാണല്ലോ അനുപത്തി എന്ന് ഇവിടെ പറഞ്ഞ അസി അനുപത്തി അനുപത്തിയാവും ഉപപത്തി എന്ന് വെച്ചാൽ സിദ്ധം യുക്തി സന്ദർഭം അനുസരിച്ചിടും അനുപത്തി യുക്തി അഭാവം അങ്ങനെയൊക്കെ പറയാം സന്ദർഭം പദ്വീതി പറയുന്ന ഇതാണ് സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതത്തിൽ സ്മരിക്കുന്നു കാര്ഹികം പറയുന്നത് എന്താണ് സുഷുപ്തിയിലെ അജ്ഞാനത്തെ ജാഗ്രതയിൽ അനുമാനിച്ചിട്ട് ജാഗ്രത അനുമതി ഞാനുണ്ടാകും ആ ജ്ഞാനം എന്തായാലും ശരി ഞാനാഭാവമായാലും എന്തായാലും ശരി അതാണ് രണ്ടുപൂരെന്നുമുള്ള പ്രധാന വ്യത്യാസം ഇതിൽ അനുമാനത്തിൽ തന്നെ പെരുത്താം അനുമാനത്തിൽ തന്നെ പെരുത്താമല്ലേ ഇവിടെ അനുമാനം ആണല്ലോ സാത്താർക്കം പറയണത് അസ്മത് മതേ ചൈതാന്യമേവ ജ്ഞാനം അനുമീയമാനസ്യെന്ന് പറയലേ ജ്ഞാനാഭാവീയമാനതയാതാനമേവ അനുമീയമാനത അനുമാനിക്കപ്പെടുന്നതുകൊണ്ട് അവിടെയാണോ അസ്മന്മതേ ഇതാനമേവനുമാനത്തെ അത് ഓരോ സന്ദർഭം അനുസരിച്ച് പറയണം തർക്കീയന് അർത്ഥാപത്യെ സ്വീകരിക്കുന്നത് താർക്കിയന് അദ്വൈതീടെ അർത്ഥാപത്യയുടെ സ്ഥാനത്ത് തർക്കിയന് അനുമാനമാണ് അസ്മത ഇതാനിയമേവ ജ്ഞാനാഭാവസ്ഥ അനുമീയമാണതയ ജ്ഞാനാഭാവത്തെ അനുമാനിക്കുകയാണ് അസംപ്രതിപദ് പരാമർശം ഉണ്ടാകുന്നില്ല ശ്രദ്ധിക്കുന്നില്ല പരാമർശത്തെ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നാണ് അപ്പോ അത്വൈതെ സംബന്ധിച്ച് സുഹൃത്തിയിലെ അജ്ഞാനം ജാഗ്രതയിൽ സ്മരിക്കുന്നു ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് താർക്കികനെ സംബന്ധിച്ച് സൃഷ്ടിയില ജ്ഞാനത്തെ ജാഗ്രതയിൽ അനുമാനിക്കുന്നു കഥം ജ്ഞാനാഭാവ നിർവ്യൽപക ചൈതന്യ ഗോചരതയാസിദ്ധി ജ്ഞാനാഭാവം സൃഷ്ടിയിലുണ്ടെന്ന് വച്ചിക്കാം അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളതെന്താണ് കേവലമായ സാക്ഷിയാണ്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 അജ്ഞാനം എന്താണ് കാർഗീൻ്റെ അഭിപ്രായത്തിൽ ജ്ഞാനാഭാവമാണ് കാർഗ്യം പറയണം അദ്വൈതീ സമ്മതിക്കത്തില്ല കാര്ക്കീം പറയണത് ജ്ഞാനാഭാവം ചോദിക്കുന്നു അത് പരാമർശത്തിലൂടെ ശ്രദ്ധിക്കണമെങ്കിൽ അത് അവിടെ അനുഭവിക്കണം അല്ലേ സുഹൃത്തിയിൽ ജ്ഞാനാഭാവത്തെ അനുഭവിക്കണം അത് സാധിക്കില്ലെന്നാ പറയുന്നു ആര് പറയുന്നത് അദ്വൈതി പറയുന്നു അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അനുഭവ സുഷുണ്ടാകത്തില്ല അതെന്ന് പറയുന്നത് കഥം ജ്ഞാനാഭാവസ്യ അജ്ഞാനത്തെ ജ്ഞാനാഭാവമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നിർവികല്പക ചൈതന്യ ഗോചരതയാ സുഷുതിയിൽ നിർവികൽപകമായ ചൈതന്യത്തിന്റെ വിഷയമായി ജ്ഞാനാഭാവം ഇങ്ങനെ സിദ്ധിക്കും ഞങ്ങളുടെ അജ്ഞാനത്തെ നിങ്ങൾ ജ്ഞാനാഭാവമാക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ധർമ്മി പ്രതിയോഗിജ്ഞാന പരാധീനത്വ കാരണം അഭാവജ്ഞാനത്തിന് പ്രതിയോഗിജ്ഞാനും അനുയോഗിജ്ഞാനവും വേണം യസ് അഭാവ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 ഇത് സർവസമ്മതമായ കാര്യമാണ് അപ്പോ സുഷുത്തിയിൽ എന്തായിരിക്കുന്നത് കേവലം നിർവികൽപകമായ ചൈതന്യം അഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടായി അവിടെ ആ നിർവികൽപകമായ ചൈതന്യത്തിന് പ്രതിയോഗിയുടെ ജ്ഞാനം ഉണ്ടായോ അനുയോഗ്യയുടെ ഞാനുമുണ്ടായോ ഇതൊക്കെ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ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 അവിടെ ഇത്രേ പറയാൻ പറ്റൂ അവിടത്തെ സുഷുത്തിയിൽ ഇരിക്കുന്ന ആ നെറുകൽപ്പ ചൈതന്യത്തിന് അഭാവം ഒരു ജ്ഞാനം ഉണ്ടായി അവിടെ ആരുടെയൊന്നും ചോദ്യമില്ല എവിടെയെന്ന് ഉത്തരവില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതങ്ങനെ അംഗീകരിക്കാൻ പറ്റും അഭാവത്തിന്റെ ഞാനങ്ങനെ ഉണ്ടാകത്തില്ല അത് അതിൽ സപേക്ഷതയുണ്ട് സാപേക്ഷമായിട്ട് അഭാവത്തിന്റെ ജ്ഞാനം ഉണ്ടാകത്തുള്ളു ഇത് താർക്കികന്മാർ അംഗീകരിക്കുന്ന കാര്യമാണ് അദ്വൈതിക്ക് സ്വീകരിച്ചേ മതിയാവും അതാണ് ധർമ്മി പ്രതിയോഗി ജ്ഞാന പരാധീനത്വ ധർമി പ്രതിയോഗിജ്ഞാന പരാധീനം എന്ന് വെച്ചാൽ എവിടെയാണോ ഒരഭാവ ഞാനുണ്ടാകുന്നു അവിടെ തന്നെ പ്രതിയോഗിജ്ഞാനും ഉണ്ടാവണം അനുയോഗിജ്ഞാനും ഉണ്ടാവണം അതിനാണ് ധർമ്മി എന്ന് പറഞ്ഞത് എസ് അഭാവ എസ് അഭാവ ഇതൊക്കെ ഉണ്ടായാലേ അഭാവം ഞാനുണ്ടാവത്ത ഇല്ല സുഷുത്തു ചേർത്തത സംഭവ ഇതൊന്നും സുഷ്ട സംഭവിക്കത്തില്ല അവിടെ നിർവികല്പക സാക്ഷി അതാവുള്ളത്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 ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിന് മുമ്പ് വിശേഷജ്ഞാനം ഉണ്ടായിരിക്കണം അവരനുമാനം നടത്തും ജന്യവിശിഷ്ടജ്ഞാനം ജന്യ വിശേഷജ്ഞാനപൂർവകം ജന്യവിശിഷ്ട മനസിലായോ ജന്യ അങ്ങോട്ടിട്ട് ബാക്കി പറയാം വിശിഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവം വിശിഷ്ടജ്ഞാനത്വ ദണ്ഡീപുരുഷ രീതി വിശിഷ്ടജ്ഞാനം എല്ലായിടത്തും ജന്യ ചേർത്തോണ്ടാ മതി ജന്യയുടെ ചേർത്തിട്ടാണ് ഇവിടെ പ്രശ്നം ഉണ്ടായെങ്കിൽ അത് കിട്ടും അതായത് ദണ്ഡീപുരുഷ എന്ന് പറയുന്നത് ഒരു വിശിഷ്ടജ്ഞാനമാണ് വിശിഷ്ടജ്ഞാനം എന്തുകൊണ്ട് പറയുന്നു അത് ദണ്ഡവിശിഷ്ടമായ പുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവിടെ വിഷയത്തിനുമുണ്ട് വൈശിഷ്ട്യം ജ്ഞാനത്തിനുമുണ്ട് വൈശിഷ്ട്യം അതൊക്കെ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളത് അപ്പം ദണ്ഡീപുർഷ എന്ന് പറയുന്ന വിഷ്ടജ്ഞാനത്തിന് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ആദ്യ വിശേഷണം ഞാനുണ്ടാവണം എന്തിൻ്റെ ജ്ഞാനം ദണ്ഡിൻ്റെ ജ്ഞാനം ഉണ്ടാവണം എന്നാണ് അതുപോലെ ഘടത്തിൻ്റെ ഘടത്വേനയുള്ള ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം ഘടത്വം ഞാനുണ്ടാവും വിശേഷണം ആ വിശേഷണജ്ഞാനം അപ്പോൾ അതൊരു ജ്ഞാനമാണല്ലോ അപ്പൊ ഈ വിശേഷണം ഞാനും എങ്ങനെയുണ്ടാവും ഞാനുണ്ടാവും ഉണ്ടാവും ഘടജ്ഞാനം ഘടത്വേനയുണ്ടായി സമ്മതിച്ചു അപ്പോൾ ഘടത്വവിശിഷ്ടമായ ഘടത്തിന്റെ ജ്ഞാനമുണ്ടായി അവിടെ ഘടത്വം വിശേഷണമാണ് ഘടം വിശേഷ്യമാണ് സമ്മതിച്ചു ഘടത്വത്തിന് ഞാനുണ്ടാകും എങ്ങനെയുണ്ടാവും വീണ്ടും പിറകിലേക്ക് പോയാൽ ഘടത്വത്വേന ഘടത്വാനം പിന്നെ ഘടകത്വത്വജ്ഞാനം ഇനിയും പറയണമെങ്കിൽ തെറ്റിപ്പോകുണ്ട് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് എന്ത് അവിടെ സ്വീകരിക്കുന്നു അവിടെ വിശേഷം ഞാനും ഉണ്ടാകുന്നു ഘടത്വജ്ഞാനം അത് നിർവികൽപക ഞാനും എന്നുള്ളിടത്ത് ഘടത്വത്തിന്റെ നിർവികൽപകമായ ജ്ഞാനുണ്ടാവുക ജ്ഞാനം നിർവികൽപ്പമാണ് നിർവികൽപ്പം എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിട്ടുണ്ട് തർക്കസംഗ്ര എന്താണ് പ്രകാരതാശൂശൂന്യം വിശേഷ്യതാശൂന്യം സംസർഗതാശൂന്യമായ ജ്ഞാനം ഇതുമില്ലാത്ത ജ്ഞാനത്തിനാണ് എന്ത് പറയുന്നത് നിർവികൽപക ജ്ഞാനം അങ്ങനെ ഒരു ജ്ഞാനുണ്ടാവും അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായതിനു ശേഷം പിന്നെ എന്തുവരുന്നു ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാവുന്ന വെച്ചാൽ ഘടത്വവാൻ ഘട എന്നുള്ള ആ ജ്ഞാനം അതാണ് നേരത്തെ അനുമാനം നടത്തിയത് ഒരു വിശിഷ്ടജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അതിനൊന്നും ബന്ധുവേണം വിശേഷജ്ഞാനം ഉണ്ടാവണം എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ജ്ഞാനം ഉണ്ടാവുകയാണ് ഘടത്വത്തിൻറെ കാര്യം ഇവിടെ പറയുന്നില്ല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 അപ്പോ എന്നാ ഘടത്വത്തിന്റെ കാര്യം പറഞ്ഞാൽ പോലെ ഘടത്വേന ഘടജ്ഞാനം ഉണ്ടാകുന്നതിന് ഘടത്വത്തിന്റെ ജ്ഞാനം അത് പറയാതെ ഇവിടെ പറയുന്ന എന്താണ് ഭേദം സാദൃശ്യം തുടങ്ങിയവ കുറിച്ച് ജ്ഞാനമുണ്ടാകുമ്പോ ആദ്യ അതിന്റെ നിർവികൽപ്പ്ഞാനം ഉണ്ടാകുന്നു ഇതിവിടെ എടുത്തു പറയാൻ കാരണം ഇതൊക്കെ സാപേക്ഷികമാണ് എന്ന് പറഞ്ഞാൽ ഈ ഭേദത്തെ സംബന്ധിച്ച് ചോദ്യം വരും കസ്യ ഭേദ കസ്മിൻ ഭേദ സാദൃശ്യത്തെ ഈ ചോദ്യം വരും എന്താണ് കസ്യ സാദൃശ്യം കസ്മിൻ സാദൃശ്യം ഇങ്ങനെ സാപേക്ഷികമായ സ്ഥലങ്ങളിലും വിശിഷ്ടജ്ഞാനത്തിന് വിശേഷണജ്ഞാനം വേണം ആ വിശേഷണജ്ഞാനം നിർവികൽപ്പവുമായിരിക്കും വിശേഷജ്ഞാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനിപ്പോൾ വിശേഷജ്ഞാനത്തിൻ്റെ നിർവികൽപ്പവും ജ്ഞാനം ഉണ്ടാകും അപ്പം അഭാവവും എന്താണ് ഒരു സാപേക്ഷ സാപേക്ഷികമായ ജ്ഞാനമാണ് ഇവിടെ ഈ സാപേക്ഷ ഉണ്ടങ്ങനെ അനുയോഗി പ്രതിയോഗി എന്ന് പറയുമ്പോൾ അതും ഈ സാദൃശ്യത്തെപ്പോലെയും ഭേദത്തെപ്പോലെയാണ് ഭേദമെന്ന് വെച്ചാൽ അന്യോന്യാഭാവം ഈ സ്ഥലങ്ങളിലെല്ലാം എന്തുവരുന്നു സാദൃശ്യം ഭേദം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്യാപേക്ഷ ഉണ്ടെങ്കിലും കാർഗികന്മാർ സ്വീകരിച്ചിരിക്കുന്ന കാര്യമാണ് എന്താണ് വിശിഷ്ടജ്ഞാനത്തിന് മുമ്പ് ഇവയുടെയൊക്കെ നിരവികല്പജ്ഞാനം ഉണ്ടായാലേ വിശിഷ്ടജ്ഞാനം ഉണ്ടാകും അത് സാമാന്യ നിയമമാണ് ഇഷ്ടജ്ഞാനം വിശേഷജ്ഞാനപൂർവ്വം വിശിഷ്ടജ്ഞാന ദണ്ഡീപുരുഷ വി അവിടെ പ്രശ്നം തീർന്നില്ല അസുദ്ധേ തത്മനിപ്പി പ്രാതച്ച അനുമാനമ്യത്തെ വച്ചു ലിംഗേന അനുമീതേ ധർമ്മിണി ആത്മനിമിച്ചാണ് അപ്പോ ചുരുക്കം പറയുന്നത് എന്താണ് സുഷുപ്തിയിൽ നിർവികൽപകമായി സിദ്ധിച്ചത് ജാഗ്രത്തിലെ സവികല്പക വ്യവഹാരത്തിന് എന്നാണ് ചോദിക്കുന്നു സുഷുപ്തിയിൽ അങ്ങനെ ഒരു നിങ്ങൾ ജാഗ്രതയിൽ നിന്ന് അനുമാനത്തിലൂടെ സിദ്ധിക്കുന്നു അപ്പൊ സുഹൃത്തിയിൽ അങ്ങനെ ഒരു ജ്ഞാനാഭാവത്തെ സിദ്ധിക്കണമെങ്കിൽ സുഹൃത്തിയിൽ ആത്മാവാദി സിദ്ധിക്കുന്നു സുഹൃത്തിയിൽ ആത്മാവ് ഉണ്ടായാലേ എന്തോ ഒരു അനുമാനത്തിലൂടെ അല്ലേ നിങ്ങളിപ്പോൾ സിദ്ധിച്ചത് സുഹൃത്തിയിൽ ഉള്ളത് അത് എവിടെ സൃഷ്ടിയില്ല ഞാനാഭാവം ആത്മാവനും അപ്പം സൃഷ്ടിയിൽ ആത്മാവിനെ ശ്രദ്ധിക്കുന്നു നല്ലൊരു ഉദാഹരണം പറയുന്നു ഇപ്പോ ഒരാളോട് ചോദിക്കുകയാണ് പറമ്പിൽ രാവിലെ ആന വന്നിരുന്നോ പഴയകാലത്ത് കാടല്ലേ കൂടുതലും ഇപ്പൊ വീട്ടിൻ്റെ മുറ്റത്തല്ല എപ്പോഴും ആന വരും ഇപ്പൊ ഒരാളോട് ചോദിക്കുകയാണ് രാവിലെ പറമ്പിൽ ആന വന്നിരുന്നു ചോദിക്കാണ് എപ്പോഴാണ് ചോദിക്കുന്നത് ഇപ്പൊ ഈ സമയത്ത് വൈകുന്നേരം വരെ എന്തിനാ പോകുന്നു രാവിലത്തെ കാര്യ ഇപ്പ ചോദിക്കുന്നു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 സുഷുതിൽ ജ്ഞാനം ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം സുഷുത്തിയിൽ ആത്മാവിനെ കുറിച്ച് ബോധം വേണം അല്ല സുഹൃത്തിയിൽ ഞങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് ബോധം ഉണ്ടെന്ന് തർക്കിയെന്ന് പറയാൻ പറ്റൂ പറയാൻ പറ്റൂ കാരണം വെച്ചാ മനസ്സെവിടെ പോയി പുരീത നാടിയില് പിന്നെങ്ങന ഇവിടെ സുഹൃത്തിയില് ഞങ്ങൾ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 ആത്മാവ് ശ്രദ്ധിക്കണം ഞാൻ ആ ഭാവം ഉണ്ടെന്ന് ശ്രദ്ധിക്കുന്നതിനൊന്നുമുണ്ട് സുഷു കാലത്തിലെ ആത്മാവിനെ ശ്രദ്ധിക്കണം സുഷുപ്തി കാലത്തിൽ ആത്മാവിനെ ശ്രദ്ധിക്കണമെങ്കിൽ എന്ത് വേണം സുഷുപ്തിയിൽ കാലത്തെ ശ്രദ്ധിക്കണം എന്റെ കാരണം പറയാൻ പറ്റൂ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എനിക്ക് നല്ല ബോധമുണ്ടായിരുന്നു കാലത്തെക്കുറിച്ച് പറയാൻ പറ്റുമോ അപ്പോ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും ാലത്തെ ശ്രദ്ധിക്കണം പിന്നെ സുഷുപ്തി കാലത്തില് ആത്മാവിനെ ശ്രദ്ധിക്കണം സുഷ്ടിക്കാലത്തിൽ ആത്മാവിനെ ശ്രദ്ധിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അനുമാനം നടത്തിയോ എന്താണോ സുഷുത്തിയിൽ ജ്ഞാനത്തിന്റെ അഭാവം ഉണ്ടായിരുന്നു അപ്പൊ മൂന്നനുമാനം സുഷുയിലെ കാലാനുഭവം സുപ്തിയിലെ ആത്മാവ് പിന്നെ സുഷുപ്തിയിലെ ജ്ഞാനാഭാവം കുറച്ച് പണിയുണ്ട് ഇത് ഒന്ന് രണ്ടു ദിവസം കൊണ്ട് തീരുന്ന പണി തന്നെ ഇത് ഇത്രയും നടത്തണം അവിടെ ആദ്യം നമ്മൾ വായിക്കുന്നവരല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ എൻ്റെ ഹിന്ദിയിൽ മിസ്റ്റേക്കാണ് അത് ആദ്യമേ പറയാം ഇനി അത് വായിച്ചിട്ട് ഹിന്ദി മാഷ് പോലെ ഹിന്ദി മാഷ് പോലെ ഹിന്ദി വായിക്കാറില്ലെനിക്കറിയാം എന്നാലും ഇനി വായിക്കുകയാണെങ്കിൽ ഹീം അനുമാന പ്രത്യക്ഷ ധർമ്മ ജി പ്രാധാന്യ സമയ പ്രാംഗ ഇതാണോ ഞാൻ പറഞ്ഞത് അല്ല അല്ല ഇതല്ല ഇവിടത്തെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ഇവിടെ തെറ്റിയൊണ്ട് എന്ത് ചെയ്തു പിന്നീട് വന്ന ഭാഗങ്ങളിലെല്ലാം തകരാറായി കുളമായി അത് കഴിഞ്ഞ ഇവിടെ ഒരു അനുമാനം കൊടുത്തിരിക്കുക അതും പോയി ഇവിടെ പറയുന്ന എന്താണ് രാവിലെ ഒരാൾ ചെന്ന് നിന്നിട്ട് തല ദിവസം വൈകുന്നേരം ആനയില്ലെന്ന് അനുമാനിക്കുന്നു അതല്ല ഇപ്പോൾ ഞാൻ അതാ പറഞ്ഞു ഇപ്പത്തന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശയക്കുഴപ്പം വന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഇന്നലെയാകാത്ത ഇവിടെ അങ്ങനെയാണ് വ്യാഖ്യാതാവിനബദ്ധം പറ്റിയത് അതല്ല സംഭവിക്കുന്നത് ഞാൻ ഇപ്പം ഇവിടെ ഇരുന്നു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 മുറ്റുവന്നനുമാനിക്കണം അല്ലേ പ്രകദേശത്തുകൂടെ പോയി ദർശനത്തിന് പോയിന്ന് അനുമാനിച്ചപ്പോല ഈ മുറ്റത്ത് രാവിലെ ഒരു മന്ത്രി വന്നു അല്ലെങ്കിൽ ഗവർണർ റിപ്പോർട്ടൊക്കെ കറങ്ങി കിടക്കുന്നുണ്ട് എന്ന് അനുമാനിക്കണമെങ്കിൽ എന്തുവേണം എനിക്ക് രാവിലത്തെ ഈ മുറ്റത്തെ വേണം ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ അനുമാനിക്കാം ഇവിടെ കാറ് കിടന്ന് അതുകൊണ്ട് മന്ത്രി വന്നു അങ്ങനെയാണ് ഇവിടെ പറയേണ്ടത് പക്ഷെ സംഗതി എന്ത് ചെയ്തു തിരിഞ്ഞുപോയി ഇവിടെ എന്താണ് ആ തിരുവെന്ന് പറയുന്നു അതങ്ങനെയുണ്ട് നമ്മുടെ തല തിരിഞ്ഞാൽ പിന്നെ നിവർത്തിയെടുക്കുക പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഇന്ത്യ ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അത് ഒരുപാട് വായിച്ച് വിഷമിക്കണ്ട ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ മൂന്ന് അനുമാനവും കഴിഞ്ഞതിന് ശേഷം വായിച്ചു ശരിയാണ്